ധ്യായം പതിമൂന്ന് യഹോവ പിന്നെയും മോശയോട് ഇസ്രായേൽ മക്കളുടെ ഇടയിൽ മനുഷ്യരിലും മൃഗങ്ങളിലും കടിഞ്ഞൂലായി പിറക്കുന്നതിനൊക്കെയും എനിക്കായി ശുദ്ധീകരിക്കാം അത് എനിക്കുള്ളതാകുന്നു എന്ന് കൽപ്പിച്ചു അപ്പോൾ മോശ ജനത്തോട് പറഞ്ഞത് നിങ്ങൾ അടിമ വീടായ നിന്ന് പുറപ്പെട്ടു പോന്ന ഈ ദിവസത്തെ ഓർത്തുകൊൾവിൻ യഹോവ ബലമുള്ള കൈകൊണ്ട് നിങ്ങളെ അവിടെ നിന്ന് പുറപ്പെടുവിച്ചു അതുകൊണ്ട് പുളിപ്പുള്ള അപ്പം തിന്നരുത് ആബിപമാസം ഈ നിങ്ങൾ പുറപ്പെട്ടു പോന്നു എന്നാൽ കനാന്യർ ഹിത്യർ അമോര്യർ ഹിവ്യർ യബൂസ്യർ എന്നിവരുടെ ദേശമായി യഹോവ നിനക്ക് തരുമെന്ന് നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്തതും പാലും തേനും ഒഴുകുന്നതുമായ ദേശത്തേക്ക് നിന്നെ കൊണ്ടുചെന്ന ശേഷം നീ ഈ മാസത്തിൽ ഈ കർമ്മം ആചരിക്കണം ഏഴു ദിവസം നീ പുളിപ്പില്ലാത്ത അപ്പം തിന്നണം ഏഴാം ദിവസം യഹോവയ്ക്ക് ഒരു ഉത്സവം ആയിരിക്കണം ഏഴു ദിവസവും പുളിപ്പില്ലാത്ത അപ്പം തിന്നേണം നിന്റെ പക്കൽ പുളിപ്പുള്ള അപ്പം കാണരുത് അതിന്റെ അതിർക്കകത്തെങ്ങും പുളിച്ച മാവും കാണരുത് ഞാൻ മിശ്രൈമിൽ നിന്ന് പുറപ്പെടുമ്പോൾ യഹോവ എനിക്കുവേണ്ടി ചെയ്ത കാര്യം നിമിത്തമാകുന്നു ഇങ്ങനെ ചെയ്യുന്നതെന്ന് നീ ആ ദിവസത്തിൽ നിന്റെ മകനോട് അറിയിക്കണം യഹോവയുടെ ന്യായപ്രമാണം നിന്റെ വായിൽ ഉണ്ടായിരിക്കേണ്ടതിന് ഇത് നിനക്ക് നിന്റെ കൈയിൻമേൽ അടയാളമായും നിന്റെ കണ്ണുകളുടെ നടുവിൽ ഞാപക ലക്ഷ്യമായും ഇരിക്കണം ബലമുള്ള കൈകൊണ്ടല്ലോ യഹോവ നിന്നെ മിശ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചത് നീ ആണ്ടുതോറും നിശ്ചയിക്കപ്പെട്ട സമയത്ത് ഈ ചട്ടം ആചരിക്കണം യഹോവ നിന്നോടും നിന്റെ പിതാക്കന്മാരോടും സത്യം ചെയ്തതുപോലെ നിന്നെ കനാന്യരുടെ ദേശത്ത് കൊണ്ടുചെന്ന് അത് നിനക്ക് തരുമ്പോൾ കടിഞ്ഞൂലിനെ ഒക്കെയും നിനക്കുള്ള മൃഗങ്ങളുടെ കടിഞ്ഞൂൽ പിറവിയെ ഒക്കെയും നീ യഹോവയ്ക്കായി വേർതിരിക്കണം ആണൊക്കെയും യഹോവയ്ക്കുള്ളതാകുന്നു എന്നാൽ കഴുതയുടെ കടിഞ്ഞൂലിനെ ഒക്കെയും ആട്ടിൻകുട്ടിയെ ൊള്ളേണം അതിനെ വീണ്ടുകൊള്ളുന്നില്ലെങ്കിൽ അതിന്റെ കഴുത്ത് ഓടിച്ചുകളയണം നിന്റെ പുത്രന്മാരിൽ ആദ്യജാതനൊക്കെയും നീ വീണ്ടുകൊള്ളേണം എന്നാൽ ഇത് എന്ത് എന്ന് നാളെ നിന്റെ മകൻ നിന്നോട് ചോദിക്കുമ്പോൾ യഹോവ ബലമുള്ള കൈകൊണ്ട് അടിമ വീടായ മിശ്രീമിൽ നിന്ന് ഞങ്ങളെ പുറപ്പെടുവിച്ചു പറവൻ കഠിനപ്പെട്ട് ഞങ്ങളെ വിട്ടയക്കാതിരുന്നപ്പോൾ യഹോവ മിസ്രൈം ദേശത്ത് മനുഷ്യന്റെ കടിഞ്ഞൂൽ മുതൽ മൃഗത്തിന്റെ കടിഞ്ഞൂൽ വരെയുള്ള കടിഞ്ഞൂൽ പിറവിയെ ഒക്കെയും കൊന്നുകളഞ്ഞു അതുകൊണ്ട് കടിഞ്ഞൂലായ ആണിനെയൊക്കെയും ഞാൻ യഹോവയ്ക്ക് യാഗമർപ്പിക്കുന്നു എന്നാൽ എന്റെ മക്കളിൽ കടിഞ്ഞൂലിനെയൊക്കെയും ഞാൻ വീണ്ടുകൊള്ളുന്നു ഇത് നിന്റെ കൈയിൻമേൽ അടയാളമായി നിന്റെ കണ്ണുകളുടെ നടുവിൽ നെറ്റിപ്പട്ടമായും ഇരിക്കണം യഹോവ ഞങ്ങളെ ബലമുള്ള കൈകൊണ്ട് മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചു എന്ന് നീ അവനോട് പറയണം പറവോൻ ജനത്തെ വിട്ടയച്ച ശേഷം ഫിലിസ്തീരുടെ ദേശത്തുകൂടിയുള്ള വഴി അടുത്തത് എന്നുവരികിലും ജനം യുദ്ധം കാണുമ്പോൾ പക്ഷേ അനുതപിച്ച് മിസ്രൈമിലേക്ക് മടങ്ങിപ്പോകുമെന്ന് വെച്ച് ദൈവം അവരെ അതിലെ കൊണ്ടുപോയില്ല ചെങ്കടലരികെയുള്ള മരുഭൂമിയിൽ കൂടി ദൈവം ജനത്തെ ചുറ്റി നടത്തി ഇസ്രയേൽ മക്കൾ മിസ്രൈം ദേശത്തുനിന്ന് യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടു മോശ യോസെഫിന്റെ അസ്ഥികളും എടുത്തുകൊണ്ടുപോന്നു ദൈവം നിങ്ങളെ സന്ദർശിക്കും നിശ്ചയം അപ്പോൾ എന്റെ അസ്ഥികളും നിങ്ങൾ ഇവിടെ നിന്ന് എടുത്തുകൊണ്ടു പോകണമെന്ന് അവൻ ഇസ്രയേൽ മക്കളെ ഉറപ്പായി സത്യം ചെയ്യിച്ചിരുന്നു അവർ സൂക്കോത്തിൽ നിന്ന് യാത്ര പുറപ്പെട്ടു മരുഭൂമിക്കകിരിയെ യഥാമിൽ പാളയമിറങ്ങി അവർ പകലും രാവും യാത്ര ചെയ്യുവാൻ അവർക്ക് വഴി കാണിക്കേണ്ടതിന് പകൽ മേഘസ്തംഭത്തിലും അവർക്ക് വെളിച്ചം കൊടുക്കേണ്ടതിന് രാത്രി അഗ്നി യഹോവ അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും ജനത്തിന്റെ മുമ്പിൽ നിന്ന് ما يريدني